പൂപസ്ഥേക്ഷുസ്രോത്രേ മുഖനസിണ സ്വയം പ്രതിഷത്തെ മധ്യേതു സമാന യശേതീ തസ്മാർ അർച്ചിഷോഭവത്തി പ്രാണന്മാര് ഈ ശരീരത്തിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പായുപസ്താന വിസർജനേന്ദ്രിയ ജനനേന്ദ്രിയെ ആശ്രയിച്ചു കൊണ്ട് അപ്പാന സികളിലൂടെ വായിൽ കൂടെയും മുഖക്കൂടെയും സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് അതാണല്ലോ അനുഭവം അത് സഞ്ചരിച്ചുകൊണ്ട് ചക്ഷുസ്ട്രോത്രേ അത് വാസ്തവത്തിലങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇരിപ്പിടം ചക്ഷുസ്രോതങ്ങളാണ് അത് സ്വയം എങ്ങനെ ഒരു സമ്പ്രാട് ഇതിന്റെ എല്ലാം ഒരു നേതാവിനെ പോലെ ഈ ശരീരത്തിൽ പ്രാണസ്ഥിതി ചെയ്യുന്നു മധ്യത് മധ്യത്തിൽ പറയുന്നു മധ്യതു പ്രാണഅപാനയോഹുഭ്യം സമാനം പ്രാണന്റി അപാനി മധ്യം എന്ന് പറയുന്നതാണ് സമ്മാനം എന്ന് പറയുന്ന പേരെന്താ കിട്ടിയത് സമ്മാനവും അശുദ്ധം പീതഞ്ച് സമൻ നൈരീതി സമാന കുടിക്കുന്നതും തിന്നുന്നതിനെയെല്ലാം ഒളിച്ചെന്ന് അത് ദഹിച്ച് പിന്നെ അതിന്റെ ശരീരത്തിൽ ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് അതിന്റെ എല്ലാ രസത്തെ ാണ് സത്തായിശേഷിക്കുന്നതിനെ വീതിച്ചു കൊടുക്കുന്നത് ശരീരത്തിന് മുഴുവൻ നടക്കുന്ന പ്രാണപ്രവൃത്തിയാണ് ശരീരം ഇങ്ങനെ സദാ പ്രവർത്തിച്ചു കൊണ്ട് പ്രവർത്തനം നടക്കുന്നതിനു വേണ്ട ഔർജ ശക്തി അതാണ് പ്രാണത് സമാന രൂപത്തിൽ പ്രവർത്തിക്കുന്നോണ്ട് സമന്നായ രീതി സമാന യുതൃം ചത്മാഗ്നൌ പ്രക്ഷിപ്പം അനം സമന്വ തസ്സി പീതീന്ധനൌദ്ദേശം പ്രാധാന്സ്യചുഷ ദീപയോ നിർഗന്വേഷ ദർശനശ്രവണാദി ലക്ഷണരൂ പക്ഷേ പ്രകാശ പറയുന്നു സപ്തഅർച്ച ഈ സപ്തഅർച്ച സപ്തദ്വാരത്തിലൂടെ ശിരസിലുള്ള സപ്തദ്വാരത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മൂക്കൾ കണ്ണില് ചെവിയില് വായിൽ സപ്തദ്വാരങ്ങളായി ഇതിലൂടെ സപ്തജ്യോതിസുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾ എല്ലാം ചെയ്യുന്ന പ്രവൃത്തികൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു പ്രാണപ്രവൃത്തികൾ പ്രാണനെ ആശ്രയിച്ചുള്ള മറ്റേ പ്രവൃത്തികൾ ഇവിടെ പറയുന്നു കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം എല്ലാം അതെവിടേക്കാണ് കഴിക്കുമ്പോൾ അത് നിക്ഷേപിക്കുന്ന ഇവിടേക്ക് ആത്മാഗ്നവും അത് ജാഠരാഗ്നിയിലേക്കാണ് െ നിക്ഷേപിക്കുന്ന വെച്ചാൽ ഉള്ളിലിരിക്കുന്ന അന്നപാനാദികളെ ദഹിപ്പിക്കുന്നതിനുള്ള ദഹനശക്തി അതിനാണ് ജാഢരാഗ്നിന്ന് പറയുന്നത് അത് പ്രാണശക്തിയാണ് അതവിടെ ചെന്നു കഴിഞ്ഞാൽ സമാനൻ അതിനെ വേണ്ട സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഇരിക്കുന്നു അങ്ങനെ എത്തിക്കുന്നതുകൊണ്ട് ആണ് ഈ ശിരസൽ ഈ സപ്തജ്വാലകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ശിരസ് എന്ന് പറയുന്ന ഉപാധിയിലൂടെ ഇന്ദ്രിയ പ്രവൃത്തികൾ നടക്കുന്നത് ഈ അന്നം കാരണമായിട്ടാണ് അതിന് സഹായിക്കുന്നതാണ് സമാനം ഹൃദിശേഷ ആത്മാ അത്ര ഏകശതം നാടീനാം താസാം ശതം ശതം ഏകൈകസ്യാം കാരണം ഈ പറയുന്നതെല്ലാം പ്രാണ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാണനെങ്ങനെ പ്രാണനെ ഉപാസിക്കുക അങ്ങനെ ഉപാസിക്കണം ഈ പറയുന്ന രീതിയിൽ പ്രാണനെ ധ്യാനിക്കണം പ്രാണനെന്തൊക്കെ ചെയ്യുന്നു പ്രാണന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ള ഇപ്പോൾ പ്രാണൻ സഞ്ചരിക്കുന്ന ആ നാഡീത്താനങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു ഹൃദയീകാകാര മാംസപിണ്ട പരിച്ഛനെ ഹൃദയാകാശം ഹൃദയം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഒന്ന് ആ മാംസപിണ്ഡം സ്പന്ദിക്കുന്ന മാംസപിണ്ഡം അതിനെണ്ണം പറഞ്ഞത് പുണ്ഡരീകാകാരം താമരമുട്ടിന്റെ ആകൃതിയുള്ള മാംസപിണ്ഡം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഹൃദയാകാശത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിലാണ് നടത്തും ഹൃദയാകാശം ഹൃദയാകാശം ഹൃദയത്തിന്റെ ഉള്ളിൽ ആ മാംസഖണ്ഡത്തിന്റെ ഉള്ളിൽ യശാത്മാത്മന സംയുക്തോ ലിംഗാത്മാ അവിടെയാണ് ഈ ആത്മാവസ്ഥിതി ആത്മാവസ്ഥിതി പറയുമ്പോൾ ഇവിടെ പറയുന്നു ആത്മന സംയുക്തോ ലിംഗാത്മാറയും ജീവൻ സ്ഥിതി എന്ന് നടത്തും അതെങ്ങനെ ആത്മനാ സംയുക്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചൈതന്യത്തോടുകൂടിയവനായിരിക്കുന്നു ജീവൻ സ്ഥിതി ജീവന്റെ സ്ഥാനം അതായിട്ടാണ് നിർദ്ദേശിക്കുന്നത് ചൈതന്യത്തോടുകൂടിയിരിക്കുന്ന ലങ്കാത്മാ എന്ന് പറയുന്ന എന്താണോ ഈ സൂക്ഷ്മോപാധികൾ മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ പിന്നെ എല്ലാ പ്രാണനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രാണവൃത്തികളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന അവിടെയാണ് അവിടെ എന്താണ് സ്ഥിതി ചെയ്യുന്നു അപ്പൊ ചോദിക്കുക അതങ്ങനെ ജീവൻ അവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് പണ്ടേന്ന് പറയുന്ന നമ്മൾ ഇന്നത്തെ രീതിയിൽ പറയാതെ വെറുതെ പമ്പ് മാത്രമാണ് രക്തത്തെ പമ്പേനുപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ് തലച്ചോറിനാണ് ജീവന്റെ സ്ഥാനം അതാണെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നു ഇവിടെ ഇതെന്തുകൊണ്ട് പറയുന്നു ഒന്ന് ഹൃദയം ശരീരമധ്യത്തിലാണ് മറ്റൊന്ന് അതാണ് ഉപാസനയുടെ കേന്ദ്രം ഉപാസിക്കാൻ ഹൃദയത്തിന്റെ ആകാരവും ഉപാസനക്ക് യോഗ്യമാണ് അതുകൊണ്ടാണ് ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് അത് പ്രാണോപാസനയുള്ള ദേവതാ ഉപാസനകളെല്ലാം ഹൃദയത്തിൽ ചെയ്യുന്നു ഹൃദയത്തിന് അതിന്റേതായൊരു പവിത്രതയുണ്ട് അതുകൊണ്ട് അതിനുവേണ്ടി പറയുകയാണ് ആ ചൈതന്യവത്തായ ഈ സൂക്ഷ്മോപാധി ആ ചൈതന്യത്തോട് ഈ ഉപാധിയോട് ആ ചൈതന്യം ചേരുമ്പോഴാണ് അത് ചൈതന്യമയമാവുമ്പോഴാണ് അതിന് ലിംഗാത്മ എന്ന് പേര് വരുന്നത് സൂക്ഷ്മമായിരിക്കുന്നു എന്ന് പറയും ഏതെങ്കിലൂടെ ഈ ചൈതന്യം പ്രകടമാകുന്നത് ചൈതന്യത്തിൽ പ്രകടമാകാനൊരു സ്ഥലം വേണമല്ലോ ചൈതന്യത്തിന് ഈ മേശയിൽ പ്രകടമാകാൻ പറ്റത്തില്ല കാരണം ഇത് സൂക്ഷ്മമല്ല സ്തുലമാണ് അപ്പൊ യോഗ്യമായ ഒന്നിലേ അതിന് പ്രകടമാകാൻ പറ്റും എങ്ങനെയാണോ ശുദ്ധമായ പ്രതലത്തിലെ ഗ്ലാസിനും മറ്റും പ്രകാശം പ്രതിബിംബരൂപത്തിൽ പ്രകടമാകുന്നത് അതുപോലെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ ഉപാധിയിൽ മനസ്സ് ബുദ്ധി കാണാൻ തുടങ്ങി ഉപാധിയിൽ അത് പ്രകടമാകും അങ്ങനെ പ്രകടമാകുമ്പോഴാണ് ജീവഭാവത്തെ ജീവൻ സ്വയം അനുഭവിക്കുന്നത് അവിടെയാണ് ആ ബോധം വരുന്നത് മമ സുഖദുഃഖം എല്ലാ അനുഭവങ്ങളും വരുന്ന അതുകൊണ്ടാണ് അങ്ങനെ ജീവചൈതന്യത്തിന് പ്രകടമാകുന്ന ഉപാധിയായതുകൊണ്ട് അതിനെ പറയുന്നു വ്യക്തത്മാ അതീ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അവിടെയാണ് അത് പ്രകടമാകുന്നത് അവിടെ അതിനെ ധ്യാനിക്കണം അവിടെ ആ ഹൃദയത്തെ കുറിച്ച് പറയുന്നു ഏകശതം ഏകോത്തരശതം നൂറ്റൊന്ന് പ്രധാന നാടികൾ അവിടെ നിന്നുണ്ട് എന്നുവെച്ചാൽ അവിടെ എന്താ നൂറ്റൊന്ന് നാടികളെ ഉള്ളു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളതിൽ നൂറ്റൊന്നെണ്ണത്തിന്റെ പ്രധാനമായിട്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാന നാടീന പിന്നെ ഹൃദയത്തൊക്കെ കയറിമറിച്ച് നോക്കിയിട്ട് എന്താ അവിടെ നൂറ്റൊന്ന് നാടീന്ന് പറഞ്ഞത് അതിനുവേണ്ടിയല്ല പറയുന്നത് പ്രധാന ഉള്ളതിൽ പ്രധാനത്തെടുക്കുക നൂറ്റൊന്ന് നാടികൾ അതിൽ നിന്ന് തന്നെ പിന്നെന്താണ് ഹസ്രാണി അതിൽ നിന്ന് ഓരോ നാടിയിൽ നിന്നും എഴുപത്തിരണ്ടായിരം സൂക്ഷ്മ നാടികൾ കൊണ്ടുവന്നാണ് ചോദിക്ക ഇത്രയും കൃത്യമായിട്ട് എങ്ങനെ എഴുപത്തിരണ്ടായിരം ഒന്ന് കണക്കിലെടുത്തു എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു കൃത്യമായി എങ്ങനെ കണക്കെടുത്തെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല ഇവിടെ എഴുതിയിരിക്കുന്നു ഞാൻ പറയുന്നൂ എന്തായാലും ഇവിടെ പറയുന്നതാണ് എഴുപത്തിരണ്ടായിരം ടിയും അപ്പോ ഒന്ന് ഇൻഡു എഴുപത്തിരണ്ടായിരം ഉണിച്ചു നോക്കണം മൊത്തം എത്ര നാടികളുണ്ടെന്നും അത്രയും നാടികളുണ്ടെന്നാണ് അതുകൊണ്ട് അപ്പൊ ഇത് വളരെ സൂക്ഷ്മമായ നാടികളാണ് ഒരുപക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും ഒരു സൂക്ഷ്മ ദർശനത്തിലൂടെയും മറ്റും കാണാൻ പറ്റും ഈ നാടികളിൽ പ്രാണൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതെല്ലാം പ്രാണന്റെ ഉപാധിയാണ് ഈ പറയുന്നതിന്റെ താല്പര്യം എന്തെന്ന് വെച്ചാൽ പ്രാണനെന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ചൈതന്യമാണ് അതിന്റെ ഉപാധി എന്ന് പറയുന്നത് ശരീരത്തിന്റെ അതി അതിസൂക്ഷ്മമായ നമ്മൾ പറയുന്ന കോശങ്ങളെന്ന് മറ്റും പറയുന്ന അതിസൂക്ഷ്മമായ സ്ഥാനങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് അവിടെയെല്ലാം അതിന്റെ പ്രവർത്തികൾ നടത്തുന്നത് പ്രാണൻ ഇങ്ങനെ അതിസൂക്ഷ്മമായി ശരീരത്തിന്റെ സൂക്ഷ്മമായ കോശങ്ങളിൽ വ്യാപിച്ച് അതിനെല്ലാം പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ് വ്യാനൻ എന്ന് പറയുന്നത് അതുകൊണ്ടിവിടെ പറയുന്നു സർവ്വദേഹം സം വ്യാപ്യ വ്യാനോപര്ത്തി അപ്പൊ ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ദേഹമൊന്നും എടുക്കരുത് ദേഹത്തിലെ എത്ര സൂക്ഷ്മമായ അംശങ്ങളുണ്ടോ പരമാണോ വരെയുള്ളത് അങ്ങനെ അത് ശരീരത്തിന് മുഴുവൻ വ്യാപിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് ചരിത്ര എന്ന് വെച്ചാൽ അതവിടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ശരീരത്തിലെ അതിസൂക്ഷ്മമായ ഭാഗങ്ങളിലും പ്രവൃത്തികൾ നടത്തുന്നത് അധ ഏകയാ ഊർധം ഉദാന loka'm പുണ്യം ലോകം നയതി പാപേന പാപം ബാഭ്യാമേവ <coughs> नाधी नाधी। ना नाधी। नाधी। नाधी ം പറഞ്ഞ നൂറ്റൊന്ന് പ്രധാന നാടികൾ ഹൃദയത്തിൽ നിന്നും ഈ നൂറ്റൊന്ന് നാടികളിൽ നിന്ന് ഒരു നാടി തത്യേക ശതാനം നാടിനർദ്ധത സുഷുഭിനാഡി എന്ന് ഒരു നാടി മേലോട്ട് പോകുന്നുണ്ട് ആ നാഡിക്ക് യോഗശാസ്ത്രങ്ങളും മറ്റും പറയുന്ന പേരാണ് സുഷുഭന എന്നും ആ പേരിവിടെ പറയുന്നില്ല യോഗശാസ്ത്രങ്ങളും മറ്റും അതിനങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഭാഷകാനും പറഞ്ഞു ഊർധ്വതാഖ്യ നാടി സഞ്ചരൻ അതിലൂടെ ഉദാന സഞ്ചരിക്കും പക്ഷെ ഉദാനന അതിലൂടെ സഞ്ചരിക്കാതിരിക്കുമ്പോൾ ആ പാദ തല മസ്തകം ഉള്ളം കാലടി മുതൽ ശിരസിന്റെ ഊർധ്വാകംബര പ്രവൃത്തി ഉണ്ടാകണം അതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ് ഞാനനെ പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ചില വിശേഷ സന്ദർഭങ്ങളിൽ ഈ ഉദാനൻ ഈ നൂറ്റി ഒന്നാമത്തെ നാടി സുഷുഖ്മിനാടിയിലൂടെ മേളോട്ട് സഞ്ചരിക്കും ആ നാടി ആരംഭിക്കുന്ന ഇവിടെ ഹൃദയത്തിൽ നിന്നാണ് ഇവിടെ ശ്രുതിയിൽ എല്ലായിടത്തും പറയുമ്പോൾ സുഷുഖ്മിന ിക്കുന്ന ഹൃദയത്തിൽ നിന്നും മേലോട്ടാണെന്ന് പറയും യോഗശാസ്ത്രത്തിൽ പറയുന്ന നട്ടലിന്റെ ഉള്ളിൽ കൂടി മൂലാധാരത്തിൽ നിന്നും മേലോട്ട് പോകുന്ന ആസൂഷനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു അത് എന്തു ചെയ്യുന്നു ഇങ്ങനെ ഹൃദയത്തിൽ നിന്നും മേലോട്ട് പോകുന്ന ഈ നാടിക്കുള്ളിലൂടെ ഉദാന സഞ്ചരിക്കും എന്തിനാ അങ്ങനെ സഞ്ചരിക്കുന്നത് എപ്പോഴാണ് സഞ്ചരിക്കുന്നത് പറയുന്നു സഞ്ചരൻ പുണ്യന കർമ്മശാസ്ത്രവിധം പുണ്യലോകം ദേവാധിസ്ഥാനലക്ഷണം വൈദി പ്രവേദി മരിക്കുന്ന സമയത്ത് ഇപ്പോ ജീവന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് ഈ ഉദാനനാണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് ആ സുഷുമിനയിലൂടെ മേലോട്ട് പോകുന്നു അതിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന പുണ്യപാപങ്ങൾ അത് പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം അത് പ്രത്യേക ഇവിടെ പറയാൻ കാരണം ഉപാസന കുറിച്ച് പറയുന്നു ഉപാസന എന്ന് പറയുന്ന പുണ്യമാണ് ആ പുണ്യകർമ്മത്തിന്റെ ഫലമായി ദേവതാലോകത്തിലും ബ്രഹ്മലോകത്തിലും ഒക്കെ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അത് പറയുന്നത് അതും ഉപാസകൻ അതും ഉപാസനയുടെ ഭാഗമായി ജീവന്റെ ഗതിയെയും ധ്യാനിക്കണമെന്നാണ് ഈശാ ഈശാവാസ്യത്തിനും മറ്റും വന്നല്ലോ കൃത്തോസ്മരകൃത്തം അഗ്നി നയസുപധാരെ എന്നെല്ലാം പറയുന്ന മന്ത്രങ്ങളിൽ അത് അവിടെ നമ്മൾ വിശദീകരിച്ചാണ് അത് ഉപാസനയുടെ ഒരു ഭാഗമാണ് കാരണം ഉപാസനയ്ക്കൊരു ഫലമുണ്ട് ആ ഫലമെന്ന് പറയുന്നത് ലോകാന്തരപ്രാപ്തിയാണ് അത് പോകുന്നെങ്കിൽ അതിന്റെ വഴി പോകുന്ന രീതികളെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ ഉപാസനയുടെ ഭാഗമായി ഉപാസകൻ ധ്യാനിച്ചുറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മരണസമയത്ത് ആ രീതിയിൽ ഈ പ്രാണന്മാരെല്ലാം പ്രവർത്തിക്കത്തോടും അങ്ങനെ ഉപാസിക്കുന്നവരുടെ പ്രാണനെ പറയുന്ന രീതിയിൽ ഈ നാടിയിലൂടെ എല്ലാം സഞ്ചരിച്ച് പോകത്തുള്ളൂ അല്ലെങ്കിൽ സഹജമായി എന്താണോ ആ രീതിയിൽ പോകും സഹജമായി സംഭവിക്കുന്ന ഇതാണ് പുണ്യകർമ്മങ്ങൾ സാധാരണമായിട്ടുണ്ടെങ്കിൽ പുണ്യലോകങ്ങളിലേക്ക് പോകും പാപകർമ്മം പാപേന തദ്വിപരീതേന പാപം നരകം നരകം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു നരകം എന്ന് പറയുന്ന ഒരു ലോകത്തെ കുറിച്ച് പറയുന്നില്ല പക്ഷികളും വൃക്ഷങ്ങളും അതിനാണ് ഇവിടെ നരകം എന്ന് പറയുന്നത് അതിനെ പ്രാപിക്കുന്നു ഉപാഭ്യാം സമപ്രധാനാഭ്യാം പുണ്യപാപാഭ്യാം തുല്യനിലയിലാണ് പുണ്യപാപങ്ങളുണ്ടെങ്കിൽ എന്തുവരുന്നു അടുത്ത് മനുഷ്യലോകം വെച്ചാൽ മനുഷ്യ ശരീരത്തിലേക്ക് പോകുന്നു ലോകം എന്ന് പറയുന്ന ശരീരമാണ് അതാത് ലോകത്തിന് ജീവിക്കാൻ യോഗ്യമായ ശരീരം ആ ശരീരം കാരണം ജീവൻ പ്രാപിക്കുന്ന ശരീരത്തെയാണല്ലോ ഭൂലോകത്ത് പ്രാപിക്കുന്നുവെച്ചാൽ ഭൂമിയിൽ എവിടെ പ്രാപിക്കുന്നു ഭൂമിയിൽ വാസയോഗ്യമായ ഒരു ശരീരത്തെ പ്രാപിക്കുന്നു അപ്പോ അതവടെ വളരെ വ്യക്തമായി പുനർജന്മത്തെക്കുറിച്ച് പറയുകയാണ് ഉപാസന സംബന്ധിച്ച് വിശേഷിച്ചും അയാളുടെ ഇച്ഛ അനുസരിച്ച് ആ ജന്മ സംഭവിക്കുന്നു എന്നാണ് ഇത് ആന്തരികമായ പ്രാണന്മാരെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാ ബാഹ്യപ്രാണനെ കുറിച്ച് പറയുന്നത് എന്താണ് ആദിത്യോ വൈ ബാഹ്യപ്രാണതി എഷ ഹാക്ഷണം അനഗൃണ പൃഥിവ്യം വാ ദത സൈഷ പുരുഷസ് അപാനമവഷ്ടഭ്യ അന്തരാ യനോ വായുവ്യ ിയും ആ പ്രാണനെക്കുറിച്ച് തന്നെ വിശദീകരിച്ച് പറയുന്നു ആദിത്യോഹി പ്രസിദ്ധോഹി അതിദൈവതം ബാഹ്യപ്രാണ സുദയതി ഉദ്ഗതി പുറമേ കാണുന്നുണ്ടല്ലോ അത് ബാഹ്യപ്രാണനാണ് അതിദൈവതാരൂപത്തിലുള്ള ഒരു ബാഹ്യപ്രാണനാണ് അത് കാരണം അത് ആദിത്യൻ ദേവതയാണെന്നുള്ളത് വേദത്തിലും പുരാണങ്ങളിലുമൊക്കെ പ്രസിദ്ധമാണ് ചക്ഷരന്തിനെയും കൊണ്ട് കാണുന്ന ഭൗതികമായ ഒരു വസ്തുവിനപ്പുറം അതൊരു ദേവതാസ്വരൂപമാണ് അത് മുഖ്യമായ ബാഹ്യമായ പ്രാണൻ കാരണം അതും ഊർജത്തിന്റെ ഉറവിടമാണ് അതിന്റെ ശക്തി കൊണ്ടാണ് ഈ ലോകത്തെ ജീവന്മാര് സസ്യ ലതാദികളും മനുഷ്യ പശു പക്ഷി ആദികളെല്ലാം നനക്കുന്നത് അതുകൊണ്ട് അത് ഏറ്റവും വലിയ പ്രാണന്റെ ഉറവിടമാണ് ാഹ്യം വേഷഹീനം ആധ്യാത്മികൻ ചക്ഷുഷി പോവും ചാക്ഷുഷൻ പ്രാണം പ്രകാശിന് അനുഗ്രാണു ലു ചക്ഷുഷ അതേ ബാഹ്യപ്രാണൻ തന്നെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഈ കണ്ണ് സ്ഥിതിചെയ്യുന്ന ആ പ്രാണനെ കണ്ണിൽ നേരത്തെ പറഞ്ഞല്ലോ സപ്ത അർച്ചിസുകളായി ശിരസിൽ സ്ഥിതി ചെയ്യുന്നു സപ്തജ്വലകളായി അതിലൊരു കണ്ണിലൂടെ പ്രവഹിക്കുന്നത് രണ്ടു കണ്ണിലൂടെയും പ്രവഹിക്കുന്നുണ്ട് അത് ആ പ്രാണശക്തിയെ അതിന് പ്രകാശത്തെ കൊടുത്തുകൊണ്ട് ബാഹ്യമായ പ്രാണനാണ് പ്രകാശം ആന്തരികമായ പ്രാണനാണ് ആ പ്രകാശത്തെ കാണുന്നത് അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ബാഹ്യവസ്തുക്കളെ കാണുന്നത് അപ്പം ഇതിങ്ങനെ പരസ്പരം സഹകരിച്ചിരിക്കുന്നു അക്ഷുഷ ആലോകും കുറവൻ അതുപോലെ ഇനി അത് ഒരു പ്രാണൻ നിത്വ്യാം ീയ ദൈവത പ്രസിദ്ധ അതുപോലെ പൃഥ്വിയിലും ദേവത പൃഥിവി എന്ന് പറയുന്നത് വെറും മണ്ണും കല്ലും ചേർന്നതല്ല അവിടെയും എന്താണ് പൃഥ്വി ദേവതയുണ്ട് നിജ ചൈതന്യ വിശേഷം അതാണ് ദേവത സുഷ പുരുഷ അപാനം അപാന വൃത്തി വശീകൃത്യ അപ്പോ ഈ എന്നുവെച്ചാൽ അവിടെയുള്ള ചൈതന്യം എന്നുള്ള പൃഥ്വിയിലൊരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിന്റെ വിശേഷത എന്താണ് അത് ആകർഷിക്കുന്നതാണ് ആ ചൈതന്യം എന്നാണ് അതെ പൃഥ്വിയിലെ പ്രാണന്റെ വിശേഷതയാണ് അത് ആകർഷിക്കുന്നു ആകർഷണ ശക്തിയാണ് എന്ന് പറയുന്നത് അത് എങ്ങനെ ആകർഷിക്കുന്നു ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അപാനം എന്ന് പറയുന്ന ഒരു പ്രാണശക്തിയാണ് അപ്പോൾ ഇതിലും ഒരു പ്രാണശക്തി ഉണ്ട് ആ പ്രാണശക്തിയെ പ്രതിഫലി ആ പ്രാണശക്തി എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അതിലൂടെ ഉദാഹരണം പറയുന്നു വൃത്താർത്ഥം ഊർധമുഖേനുവാർഷണേന ശരീരഭാവസി ചെറുതാണ് ഹരണം പറയാണ് പഴയകാലത്ത് സർക്കസ് കാരണമെറ്റ് വലിയ തൂണ നിർത്തും തൂണ നിർത്തിയിട്ട് അതിന്റെ മേളിൽ കയറിന്ന് പല അഭ്യാസങ്ങളും കാണിക്കും അവര് തൂണിൽ നിന്ന് വീഴത്തില്ല കാരണം അവരുടെ അഭ്യാസ പാഠവും കൊണ്ട് അവരതിന്റെ മേളിൽ തന്നെ തൂണെന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരാൾക്ക് നിക്കാൻ ഇടമില്ലാത്ത സ്ഥലമായിരിക്കും ഈ അഭ്യാസം കാണിക്കാൻ വേണ്ടിട്ട് അവരെന്തെയ്യും അവര് വീഴത്തില്ല പക്ഷെ തൂണു വീഴാൻ പാടില്ലല്ലോ അതുകൊണ്ട് അതിനൊന്ന് തറയിൽ ഉറപ്പിച്ചിട്ട് അതിനെ കയറുകൊണ്ട് ചുറ്റി വരഞ്ഞ് കുറ്റി അടിച്ച് സൈഡിലേക്ക് കെട്ടും അത് കെട്ടുന്നോണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു വസ്തുവിന്റെ മേളിൽ കയറിന്ന് ചാടിക്കഴിഞ്ഞാൽ ആ വസ്തുവും പൊങ്ങിപ്പോകും മേളോട്ട് പോകും താഴോട്ടും മറിഞ്ഞും മേടും ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് താഴേക്ക് ഉറപ്പിച്ച് അതിനെ കയറൊണ്ട് വരിഞ്ഞ് നാല് സൈഡിലും കെട്ടിട്ട് അതിന്റെ മേൽ കയറി നിടുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് അഭിദൈവ അപകർഷണേന ഇത് എന്തുകൊണ്ട് ഈ വസ്തു താഴോട്ട് വീഴുന്നു ഇവിടെ പറയുന്നു ഭൂമിയിൽ ആകർഷണമുള്ളതുകൊണ്ടാണ് എന്താ ഭൂമിയിലിരുന്ന് ആകർഷിക്കുന്ന അവിടെ ഒരു ചൈതന്യ വിശേഷമുണ്ട് അതിനാണ് ദേവത എന്ന് പറയുന്നത് അത് വസ്തുക്കളെയൊക്കെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് താഴോട്ട് വീഴുന്നു അപ്പം അത് ആ ആകർഷണത്തെ തടയാൻ വേണ്ടിയിട്ടാണ് നാല് സൈഡിലും കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു നിർത്തുന്നത് അതുപോലെ തന്നെ ഇത് മേലോട്ട് ഉയരുന്നും പോകാം എന്തുകൊണ്ട് ഇതിനും പ്രാണശക്തി ഇപ്പുണ്ട് ഉയർന്നു പോകാനും പാടില്ല അതിനുവേണ്ടിയിട്ടും അതിനെ കെട്ടിവെക്കുന്നു അതുപോലെ ഇവിടെയും പറയുന്നു അപ്പാന പ്രത്യേക വ്യാകർഷി അപകർഷണേന ീ അപാന ശക്തി ശരീരത്തിലിരിക്കുന്ന അതിനെ സ്വീകരിച്ചുകൊണ്ട് ആകർഷിയ വശീകൃത്യ അതിനെ സ്വാധീനിച്ചുകൊണ്ട് അഥ വ താഴോട്ട് അപകർഷണം നിർത്തിച്ച് ആകർഷിക്കുന്നു അതങ്ങനെ ആകർഷിച്ച് ഇതിനെ നിലനിർത്തുന്നു എന്നർത്ഥം അന്യതായി ശരീരം ഗുരുത്വാത് പതേ സാവകാശ പറയും രണ്ടു കാര്യം സംഭവിക്കുക ഭൂമിക്ക് ഇങ്ങനെ ഒരു ആകർഷണ ശരീരത്തോട് ഉണ്ടായിരിക്കുകയും ശരീരത്തിൽ അതിന് വിപരീതമായി അപാനന്റെ ഒരു പ്രവൃത്തി ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ രണ്ടു കൂടി പ്രവർത്തിക്കും ആകർഷണ ശക്തി എന്ന് പറയുന്ന ഭൂമിക്ക് ശരീരം ഗുരുത്വാത്മതയായി ഒന്നുകിൽ ആകർഷണവും ഉണ്ട് ശരീരത്തിന് ഗുരുത്വം സംഭവിച്ച് ശരീരം താഴോട്ട് പോകും സാവകാശിവ ഉദ്ച്ച് ഇനി ശരീരത്തിൽ ഒരു ശക്തി വിശേഷമില്ലെങ്കിൽ ഇതങ്ങ് പറന്നുപോകും മേലോട്ട് ഉയർന്നു പോകും അതുകൊണ്ടിങ്ങനെ പരസ്പരം പിടിച്ചുനിർത്തുന്ന ശക്തികളുണ്ട് അതിന് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ത് സമാനൻ ഇങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യിക്കുന്ന സമാനമാണ് ഇതേത് തന്ത്ര മധ്യേ ആകാശ തസ്തോായുരാകാശ ഉച്ച ഇവിടെ ആകാശം എന്ന് പറയുന്നു ഇവിടെ ആകാശം എന്ന് പറയുന്ന എന്താണ് ഈ ദ്യാവാഹോ ദുലോകം മേലോട്ടർ പിന്നെ ഈ താഴെയുള്ള ഭൂമി ഇതിന്റെ മധ്യുള്ള ആകാശം ആകാശത്തിന് എന്താ പ്രാണനെന്ന് പറഞ്ഞ ആകാശമല്ല തസ്തോവായുരാകാശ ഉച്ച അവിടെ ഒരു ഇവിടെ ആകാശം എന്നാണ് ഇവിടെ പറഞ്ഞത് ഇതാകാശം ആകാശമല്ല ആകാശത്തിലുള്ള വായുവിനെ കുറിച്ച് പറയാണ് ആകാശ വിചയം മഞ്ചത്തിലിരിക്കുന്ന പുരുഷനെ മഞ്ചാഹക്രശന്തി എന്ന് പറയുന്ന പോലെ അത് പലയിടത്തും വന്നിട്ടുണ്ട് മഞ്ചമല്ല ആക്രോശിക്കുന്നത് പുരുഷനാണ് സ സമാന സമാനം അനുഗ്രഹാനോ വർത്തത അങ്ങനെ ബാഹ്യമായി അങ്ങനെയാണോ ഈ ശരീരത്തിൽ സമാന ഇരുന്ന് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന അതുപോലെ ബാഹ്യമായൊരു പ്രാണശക്തി വായുരൂപത്തിൽ വ്യാപിച്ചിരുന്നുകൊണ്ട് ഈ ലോകത്തേണ്ട ഇങ്ങനെ നിലനിർത്തുന്നു ഒരു ആകർഷണ വിശേഷമായി ഭൂമി അത് പ്രധാനമായിട്ടും ഭൂമി അപ്പൊ ഭൂമി ഇങ്ങനെ നിൽക്കുന്ന എന്തുകൊണ്ടാണ് അത് നിർത്താൻ ഒരു അത് ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്ന പ്രാണശക്തിയാണ് ആ പ്രാണശക്തി പ്രകടമായിരിക്കുന്നതാണ് വായു അങ്ങനെയുള്ള ഒരു വായു രൂപത്തിലുള്ള ഈ പ്രാണശക്തി അല്ലെങ്കിൽ വായുരൂപത്തിൽ പ്രകടമാകുന്ന പ്രാണശക്തി ഇതിനെ നിലനിർത്തുന്നു എന്ന് പറയുന്നു ഭൂമിയെ സമാനസ്യ അന്തരാകാശ സമാന്യ സാമാന്യു ബാഹ്യ വായു സാപ്തി സമാന്യാനോ അനുഗ്രഹിക്കും ആ ബാഹ്യമായിരിക്കുന്ന ആ സമാനം തന്നെ ഉള്ളിലിരിക്കുന്ന വ്യാനന് ശക്തി കൊടുത്തുകൊണ്ട് നിൽക്കുന്നു ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം തേജോഹവ തസ്ിണമ തേജസുക് ആത്മനാഥൽ ലോകം നയതി ഇത് ഏത് ബാഹ്യം ഹവൈ പ്രസിദ്ധം സാമാന്യം അടുത്ത് വരാൻ പോകുന്ന ഭാഗങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് പ്രസിദ്ധം സാമാന്യം തേജത്തെ ശരീര ഉദാനെ ഉദാനം വായും അനുഗ്രഹാദി പറയുന്ന ബാഹ്യമായി തേജസ് നമുക്ക് അനുഭവപ്പെടുന്ന പ്രകാശ രൂപത്തിൽ ഉഷ്ണരൂപത്തിലൊക്കെ ബാഹ്യ തേജസ് അത് ശരീരത്തിൽ എങ്ങനെ ഉദാന രൂപത്തിലിരിക്കുന്നു അത് ഉദാനപ്രാണന അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നു സേന പ്രകാശേന അതിന്റെ ശക്തി കൊണ്ട് ബാഹ്യപ്രാണന്റെ തേജോ രൂപത്തിലുള്ള ബാഹ്യപ്രാണന്റെ ശക്തി കൊണ്ട് ഉടൽ ഉദാനൻ ശക്തിമത്തായിരിക്കുന്നു യസ്മാ തേജസ്വഭാവോ ബാഹ്യ തേജോ അനുഗ്രതിഹീത ഉത് കർത്ത തസ്മാ ലൗ പുരുഷ പ്രശാന്ത തേജാഭവതി പറയുന്നു ഈ ശരീരത്തില് ജീവൻ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് ശരീരത്തിൻ്റെതോ ഈ ബാഹ്യമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട് സൂര്യൻറെയും മറ്റും ചൂട് അഗ്നിയുടെയും ഉണ്ട് അതല്ല ശരീരത്തിൽ തന്നെ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെ വിശേഷിച്ച് അഗ്നിയൊന്നും കാണാനുമില്ല അതാണ് പറയുന്നവയുടെ പരസ്പര പ്രവർത്തനമാണ് ബാഹ്യമായ ആ തേജസ് അഗ്നിയായും സൂര്യനായും മറ്റും പ്രവാസിക്കുന്ന ആ തേജസ് ബാഹ്യമായ ഉഷ്ണമായി നിലനിൽക്കുന്നു അതുപോലെ ആന്തരികമായി ഉദാനൻ ആണ് ഈ ശരീരത്തിൽ ഉഷ്ണമായി അനുഭവപ്പെടുന്നത് ഉള്ളിലൂട് ആയി നമുക്ക് അനുഭവപ്പെടുന്നത് അത് തേജസ് സ്വഭാവമായുകൊണ്ട് ബാഹ്യത്തേജോ അനുഗ്രഹീത നേരത്തെ പറഞ്ഞാൽ താങ്ങുന്നത് ബാഹ്യത്തേജസ് ഇവിടെ പറയുന്നത് ബാഹ്യമായ ദേവതയെന്നും ആന്തരികമായ പ്രാണൻ എന്നു പറയുന്നതെല്ലാം ചൈതന്യ വിശേഷങ്ങളാണ് അപ്പൊ ഈ ഉള്ളിൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ബാഹ്യമായിരിക്കുന്നവയുടെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ ഉദാനൻ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്നത് എപ്പോഴാണോ ഉദാനൻ ഈ പറഞ്ഞ സുഷുനയിലൂടെ നിർഗമിക്കുന്നത് കർമ്മം അനുസരിച്ച് അപ്പോ ഈ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഉദാനൻ തേജസ്സിന്റെ സ്വഭാവവിശേഷമാണ് എന്നിവിടെ പറഞ്ഞത് പ്രശാന്ത തേജസ് തേജ ഭവതി ശരീരം തണുത്തു പോകുന്നു മരിക്കുമ്പോൾ ഉത്ക്രമണമെന്ന് വെച്ചാൽ അവിടെ മരണം മരണം സംഭവിച്ച ശരീരം തണുത്തു പോകുന്നതുകൊണ്ട് അവിടെ ഉദാനനില്ല ഉദാനൻ പോയി ഉപശാന്ത സ്വാഭാവികം തേജോസിസനാണ് മരിച്ചവനെ പറയുന്നത് അവൻ്റെ ചൂട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു ബാഹ്യമായ ചൂട് നീക്കും അത് കഴിഞ്ഞാൽ അതും പോകും തദാത്തം ക്ഷീണായുഷം മുമ്മൂർഷം വിദ്യ പറയുന്നു മനസ്സിലായിക്കോണം ഒരാണ്ട് ശരീരത്തിലെ ചൂട് കുറഞ്ഞു വരും ഓ ശരീരം ചെറുതായി തണുത്തു തുടങ്ങുമെന്ന് മനസ്സിലാക്കണം ഇവന്റെ ആയുസ് ഇവന്റെ ആയുസ് എന്ന് വെച്ച പ്രാണൻ ഉദാഹരൻ ദാ ശരീരം ഇട്ട് പോകാൻ തുടങ്ങുകയാണ് മരിക്കാൻ തുടങ്ങുകയാണ് മൂന്നുവർഷം ശരീരം വിടാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിക്കോളാം അത് അതിന്റെ അടയാളമാണ് പുനർഭവ ശരീരാന്തരം അവൻ എന്ത് ചെയ്യുന്നു പുനർഭവം പുനർജന്മത്തെ സ്വീകരിക്കുന്നു ഉദാഹരൻ മറ്റു പ്രാണന്മോരോടെല്ലാം കൂടി ചേർന്ന് ഇന്ദ്രിയങ്ങളോടൊപ്പം ഈ ശരീരം വിട്ടുപോയി ശരീരാന്തരം മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നു ഇവിടെയൊക്കെ വളരെ വ്യക്തമായി തന്നെ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നു കഥം സഹേന്ദ്രഹി മനസ്സി ഇവിടെ എന്താ സംഭവിക്കുന്നത് പറയുന്നു ഇന്ദ്രിയങ്ങളോടൊപ്പം ഇന്ദ്രിയങ്ങളോടൊപ്പം പ്രാണൻ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറയുന്നു മനസ്സി സമ്പദ് ഇവയെല്ലാം ആ സമയത്ത് ഭരിക്കുന്ന സമയത്ത് എന്താ അത് വർ പറയുന്നു ആ ശരീരം ചെറുതായി തളുത്ത് തുടങ്ങി മരിക്കാറായി ഇപ്പോ ഒന്നും നമ്മളെ ആരും തിരിച്ചറിയുന്നില്ല കാണുന്നില്ല പറയുന്നത് ശരിക്ക് കേൾക്കുന്നില്ല അപ്പോ ഇങ്ങനെ അടുത്തിരിക്കുന്നവർ പറയുന്നു എന്നുവെച്ചാൽ ഓരോ ഇന്ദ്രിയങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്മാറും എല്ലാം എവിടേക്കാ പോകുന്നത് മനസ്സിലേക്ക് അല്ല എന്നുവച്ചാൽ അന്ധകരണത്തിലേക്ക് അന്ധകരണത്തിൽ പ്രാണൻ ഉൾപ്പെടെയുള്ളവ വിലയം പ്രാപിക്കുന്നു പക്ഷേ ഇത് വേറെ ശരീരത്തെ സ്വീകരിക്കേണ്ടേ അതിനുവേണ്ടി ഉദാഹരണം മാത്രം അവിടെ പ്രവർത്തിക്കുന്നു അതാണ് പുനർജന്മം അങ്ങനെ പോകുന്നു എന്നാണ് അതുകൊണ്ട് പറയുന്നു അവിടെ പ്രാമുഖ്യം വരുന്നതിനാണ് മനസ്സിൽ അന്ധകരണത്തിന് അതുകൊണ്ട് പറയുന്നു ഭരണകാലം യച്ചിത്വഭോധി തീര യുഷജീവ ചിത്തേന സങ്കല്പേന ഇന്ദ്രിയ സഹപ്രാണ മുഖ്യപ്രാണവൃത്തി ആയാതി അതുകൊണ്ടാണ് പറയുന്നത് മരണസമയത്ത് എന്താണോ മനസ്സിൽ ഇരിക്കുന്ന സങ്കല്പം എന്തിനു പറയുന്ന ഉപാസത്തിനു വേണ്ടിട്ട് പ്രാണനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമുണ്ട് അപ്പം അത് എന്നതാണ് ഫലമെന്നുള്ളത് മുൻകൂട്ടി തന്നെ മനസ്സിൽ ദൃഢപ്പെടുത്തണം എനിക്ക് ഈ ഉപാസനയിലൂടെ പ്രാപിക്കേണ്ടത് ബ്രഹ്മലോകമാണ് എന്നുറപ്പിക്കണം അത് മനസ്സിനെ ശീലിപ്പിക്കണം അപ്പൊ അവസാന സമയത്ത് മനസ്സിന് ഒരൊറ്റ സങ്കല്പമേ ഉള്ളൂ എന്നാണ് ബ്രഹ്മലോകം അപ്പോ നേരെ മനസ്സിന്റെ ആ സങ്കല്പം അനുസരിച്ച് പ്രാണൻ സഞ്ചരിച്ചോളൂ ഉദാഹരണ പ്രാണൻ നേരെ ബ്രഹ്മലോകത്തിൻ്റെ മറിച്ച് ഇവിടെ ഈ ലോകത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ് സങ്കല്പം ദൃഢമാകുന്നത് അവസാന സമയം ദൃഢമാകുന്നെങ്കിൽ മനസ്സ് ആ സങ്കല്പത്തിനനുസരിച്ച് ഉള്ള ശരീരത്തെ സ്വീകരിക്കുക നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് മുഖ്യപ്രാണവൃത്തിയമായ അതി മരണകാല ക്ഷീണേന്ദ്രിയ വൃത്തി ഈസൻ മുഖ്യ പ്രാണവൃത്തിയായ വധി പറയുന്നു മരണസമമായ ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷീണിക്കുന്നു ഇന്ന് കേവലം പ്രാണവൃത്തി ആ പ്രാണത്തിൽ തന്നെ ഉദാനൻ ഗതിരൂപത്തിലുള്ള ഉദാനൻ ആ ഉദാനനെ ആശ്രയിച്ച് ആ ജീവൻ സഞ്ചരിക്കുന്നു എന്നർത്ഥം അത് ഉപാസകൻ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാൽ മാത്രമേ ബ്രഹ്മലോകത്തെ സംബന്ധിച്ചുള്ള ദൃഢമായ ഭാവന അവരുടെ മനസ്സിൽ നിലനിർത്താൻ കഴിയൂ ഉച്ഛസിതിരണസമയത്ത് അടുത്തിരിക്കുന്ന മക്കളും ചെറുമക്കളുമെല്ലാം നോക്കിയിട്ട് പറയും എന്താണ് ചെറിയ ഒരു ശ്വാസമുണ്ട് വേറെ ഒന്നുമില്ല ഉച്ഛസ്തി ജീവതി ജീവൻ ഉണ്ടെന്ന് പറയും എന്നുവെച്ചാൽ അവസാനത്തെ ശരീരത്തോടുള്ള ആ ബന്ധമാണ് ബന്ധത്തെയാണ് പറയുന്നത് സജപ്രാണസ് തേജസ് സ ഉദാനവൃത്തി ആയുക്തസൻ സഹാത്മന സ്വാമിന സജൈവം ഉദാന വൃത്തി യഥാസങ്കൽപിതം യഥാവിപ്രീതം ലോകി പ്രവേലി ഉദാഹരണം എന്താ ചെയ്യുന്ന ഭോക്താവിനെ ഇത്രയും കാലം ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ജ്ഞാന കർമ്മങ്ങളുടെ എല്ലാം ഫലത്തെ ഉപാസന കർമ്മങ്ങളുടെ എല്ലാം ഫലത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഭോക്താവായ ജീവനെ അവന്റെ ഉപാസനാ ശക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ ലൗകീകമായ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉദാഹരണൻ ആ നയിക്കുന്ന ജോലി ഉദാഹരണൻ ഏറ്റെടുക്കുന്നു ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല പറഞ്ഞ സമാനം വ്യായം ഇതൊക്കെ ശരീരത്തെ ആശ്രയിച്ചാ നയിക്കുന്നു അപ്പം ശരീരമേ ഇല്ലാതാവുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും അവരെല്ലാം മുഖ്യപ്രാണനോട് എക്കി ഭവിക്കും പക്ഷെ ഉദാഹരൻ എന്ത് ചെയ്യുന്നു പിന്നെ ജോലി നയിക്കുക സഞ്ചരിക്കുക പുണ്യപാപ കർമ്മവശാദ് അതിന് മനസ്സ് വേണം കാരണം മനസ്സ് ഇവിടെ പ്രവർത്തിച്ചാൽ യഥാസങ്കല്പിതം ലോകം നേടി എന്താണോ അവൻ സങ്കല്പിച്ച് ഉറപ്പിച്ചു വച്ചത് ഉപാസവിനാണെങ്കിൽ ബ്രഹ്മലോകത്തെ അവിടേക്കിത് പോകുന്നു എന്നർത്ഥം അമൃതോഭവേശ്ലോകം വിദ്വാൻ ഇങ്ങനെ ഏതൊരു ഉപാസകനാണോ ഉപാസിക്കുന്നത് അവനെന്താണ് അവന് രണ്ടു തരത്തിലുള്ള ഐഹികമായ ഫലം എന്നാണ് അവന് ഇവിടെ സമൃദ്ധിയെല്ലാം ഉണ്ടാകുന്നു പ്രജ ഒന്ന് പ്രജ പുത്രപൗത്രാദി ലക്ഷണീയതയാകുന്നു അവന് നഷ്ടപ്പെടുന്നില്ല ഭൗതികമായ ഫലമെല്ലാം ഉണ്ടാകുന്നു മരിച്ചു കഴിഞ്ഞാലോ അമൃതോ ഭൂതി പതി തേജ ശരീര പ്രാണസായുജ്യതയാ അമൃതോ അമരണധർമ്മഭവതി അവൻ ബ്രഹ്മലോകത്ത് പ്രാപിക്കുന്നു പ്രാണ അവനെ പറയുന്നു പ്രാണസായുജ്യം പ്രാണസായുജ്യം എന്ന് പറയുന്ന ഇതാണ് പ്രാണൻ എന്ന് പറയുന്നവിടെ ഭരണഗർഭൻ അവിടത്തെ സായുജ്യത്തെ പ്രാപിക്കുന്നു അവിടത്തെ മുക്തിയെ പ്രാപിക്കുന്നു അവനവിടെ എത്തിച്ചേരുന്നു അത് ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഒരുപാട് പ്രാണനസ് ഇവിടെ മുതൽ ആ പ്രാണനെക്കുറിച്ച് പറയാൻ തുടങ്ങിയോ അത് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടാണ് പ്രാണോപാസനം ഇത്തരത്തിലെല്ലാം കഴിഞ്ഞ പ്രാണന് ഒരുപാട് സ്തുതി ചിന്തി ചന്ദ്രനാണ് എന്നല്ല ഈ തരത്തിലെല്ലാം സമയത്തായ രീതിയിൽ പ്രാണന ഗ്രഹിച്ച് ഉപാസിച്ച് അവസാനത്തെ അതിന്റെ ഫലപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ദൃഢപ്പെടുത്തി ആ ജീവൻ ആ പ്രാണനോട് അത്രയും താതാന്യം പ്രാപിച്ച് മരിച്ചു കഴിഞ്ഞ പിന്നെയുള്ള കാര്യം പ്രാണൻ ഏറ്റെടുക്കും ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു ഉത്പത്തിയതിഥാനം വിഭിത്വം ചെയ്വ പഞ്ചത അധ്യാത്മം ചെയ്വ പ്രാണസ്യ വിജ്ഞായാമൃതമേ മൃതം അശ്വത് കാരണം ഇവിടെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും സംക്ഷേപിച്ച് പറയാണ് ഉത്പത്തി ആയതി ഉത്പത്തി നേരത്തെ ഇതെല്ലാം ഇവിടെ നിന്നാണ് ഉത്പന്നമാകുന്നത് ആത്യന്തികുമായി അത് പരമാത്മാവിൽ നിന്ന് തന്നെയാണ് പിന്നെ ആയതിയും അതിന്റെ വരവ് എങ്ങനെ ശരീരത്തെ പ്രാപിക്കുന്നു അതിനാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് മനസ്സിന്റെ സങ്കല്പമനുസരിച്ച് ഉദാനൻ വൃത്തിയിലൂടെ ശരീരത്തെ പ്രാപിക്കുന്നു പിന്നെ പിന്നെ സ്ഥാനം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിലൂടെ പറഞ്ഞ വായു വസ്ത്രം സ്ത്രോത്രം ചക്ഷു എന്നിങ്ങനെ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു വിഭുത്വം പ്രാണന്റെ വിഭുത്വത്തെ കുറിച്ച് പറഞ്ഞു പ്രാണനെ ചിന്തിച്ചിട്ട് ഈ ശരീരത്തിനകത്ത് നടക്കുന്ന ചില ഊർജ വിശേഷങ്ങളാണ് പ്രാണന്മാരും അങ്ങനെ ധരിക്കരുതെന്ന് മറിച്ച് വിഭവാണ് അത് തന്നെയാണ് ആദിത്യനായിരിക്കുന്നത് അത് തന്നെയാണ് പൃഥ്വി ആയിരിക്കുന്നത് അത് തന്നെയാണ് വായുവായിരിക്കുന്നത് എന്നിങ്ങനെ അതിന്റെ വിഭിത്വം വിഭുത്വം ചെയ്യുക അഞ്ച് പ്രകാരത്തിൽ അധ്യാത്മം ചെയ്യുക പിന്നെ അത് ഉള്ളിൽ എന്താണ് ഇതിന്റെ എല്ലാം അതൊന്നും പറഞ്ഞല്ലോ സമ്രാട്ട് അത് ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നു അവസാനം അത് തന്നെ ഉദാഹരണ രൂപത്തിൽ നാടിയിലൂടെ നിഷ്ക്രമിക്കുന്നു പ്രാണസ്യ വിജ്ഞായ ഇങ്ങനെ പ്രാണനെ ഉപാസിച്ചിട്ട് എന്നർത്ഥം വിജ്ഞാനം മറ്റുമ്പോൾ സന്ദർഭമനുസരിച്ച് പതങ്ങളുടെ അർത്ഥത്തെ മനസ്സിലാക്കണം ഇങ്ങനെയെല്ലാം പ്രാണനെ ഉപാസിച്ചിട്ട് എന്ന് തന്നെ മനസ്സിലാക്കണം ധ്യാനിച്ചിട്ട് അല്ല നമ്മൾ സാധാരണ പറയുന്ന ജ്ഞാനം എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കരുത് അപ്പൊ ഈ അതാ എടുക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വ്യത്യാസത്തെ മനസ്സിലാക്കാതെ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നവർ തന്നെ വിജ്ഞാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉടൻ ഇത്രയും പറഞ്ഞതിന് ശേഷം പറയും ഇതാണ് ജ്ഞാനം ഉപനിഷത്തിൽ പറയുന്നത് ഈ ജ്ഞാനം കൊണ്ടാണ് മോഷം എന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് അമൃതത്തെ ശബ്ദവും വന്നിരിക്കുന്നു അമൃത മത്സ്യത്തെ ഇത് പ്രാണ ഉപാസനയുടെ ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് അതിന്റെ ഫലം എന്ന് പറയുന്നത് ബ്രഹ്മരോഗപ്രാപ്തിയാണ് വ്യക്തമായി ധരിക്കാതിരുന്നുകഴിഞ്ഞാൽ ധരിച്ചാൽ തന്നെ അതും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസവും എന്താണ് ഈ കാര്യങ്ങളൊന്നും സാധാരണ വ്യക്തമായി ധരിക്കാതെയാണ് ഇതിനൊക്കെ പലരും വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്നത് പിന്നെ വ്യാഖ്യാനം എഴുതേ സ്വന്തമായി ആരെങ്കിലും എന്തെങ്കിലും വ്യാഖ്യാനം എഴുതിക്കോട്ടെ ആർക്കും എന്ത് വിവരക്കേടും എഴുതി വയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതങ്ങനെയല്ല ചെയ്യുന്നത് അവർ വ്യാഖ്യാനം എഴുതിയിട്ട് പറയും ഇത് ശങ്കരാചാര്യർ പറഞ്ഞാണ് ഞാനും പറഞ്ഞതെന്ന് ഞാൻ ശങ്കരാചാര്യ തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നിവിടെ പറയും അത് ആൾക്കാരെ വഴിതെറ്റിക്കും അതുകൊണ്ടിവിടെ വിജ്ഞാനം വേദ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദർഭമെല്ലാം ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെയാണ് ഉപാസിക്കേണ്ടത് ഉപാസനയുടെ ഫലം അമൃതത്വമാണോ എന്ന് അടുത്ത നാനാമത്തെ ചോദ്യം അത് ചതു പ്രശ്ന അധ എനീ ഗാർഗ്യപ്രഛ ഭഗവൻ ഏതസ് കിന്തി കിഞ്ഞ് ജാഗ്രതി കതര എഷ ദപ്യ കുഖം അപ്പോ ഇതുവരെ പ്രാണനെക്കുറിച്ചും പ്രാണവിപാസനെ കുറിച്ച് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അടുത്ത് ആത്മാവിനെ കുറിച്ച് ആണ് അടുത്ത ചോദ്യം അതാണ് ഭാഷകാരോട് പറയുന്നത് അദ്ദേഹം പ്രശ്നത്രയേണ അപരവിദ്യഗോചരം സർവം പരിസമാപ്യ സംസാരം വ്യാകൃത വിഷയം സാധ്യസാധന ലക്ഷണം അനിത്യം ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ മുമ്പ് വന്നു പ്രശ്നത്തിന് അപരവിദ്യോചനം അപരവിദ്യ ഉപാസന അപരവിദ്യു വിഷയമായിരിക്കുന്ന സർവത്തെയും പരിസമാപി എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം അതെന്താണ് അപരവിദ്യയുടെ വിഷയമായിരിക്കുന്ന സംസാരം തന്നെ അമൃതത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ആപേക്ഷികമായ അമൃതത്വമേ ഉള്ളൂ നിത്യമായ അമൃതത്വവും വ്യാകൃത വിഷയം അതെല്ലാം എന്താണ് പരമാവധി വ്യാകൃതം ഹിരണ്യഗർഭ വിഷയമാണ് ഹിരണ്ഗർഭനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അങ്ങേറ്റം ബ്രഹ്മലോകപ്രാപ്തി അതെന്താണ് സാധ്യസാധന ലക്ഷണം ഇതുവരെ പറഞ്ഞ ഉപാസനകളെല്ലാം സാധ്യസാധന രൂപത്തിലുള്ള സാധ്യമായ ബ്രഹ്മലോകം സാധനമായിരിക്കുന്ന പ്രാണ ഇത്തരത്തിലുള്ളതാണ് ഇതെല്ലാം അനിത്യമാണ് അപ്പൊ ഇതുവരെ മൂന്ന് ചോദ്യ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് അനിത്യമായ കാര്യങ്ങളെ സംബന്ധിച്ച മുഖ്യമല്ല അതുകൊണ്ടാണ് അതിനെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകാറ് അനിത്യവിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നു അതിന്റെ ആവശ്യമുണ്ട് ഇനി ഇപ്പം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അസാധ്യസാധന ലക്ഷണം അപ്രാണ അപ്രാണം അമനോ ഗോചരം അതീന്ദ്രിയ വിഷയം ശിവം ശാന്തം അഭികൃതം അക്ഷരം ഗമ്യം പുരുഷാഖ്യം സബാഹ്യന്തരം അജം വക്തവ്യം ഇത്യുത്തരം പ്രശ്നം ആരംഭത്തെ തൊട്ടടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് അസാധ്യസാധന ലക്ഷണം അത് സാധ്യസാധന രൂപത്തിലുള്ള ഉപാസനയല്ല അപ്രാണ അമനോഗോചരം അത് പ്രാണമനസുകൾക്ക് വിഷയമായ കാര്യമല്ല അതീന്ദ്രിയ വിഷയം അത് അതീന്ദ്രിയമാണ് ഇന്ദ്രിയ അതീതമാണ് മനസ്സിന് അതീതമായാണ് ശിവം ശിവരൂപത്തിലുള്ള ശിവ എന്ന് പറയുന്നു ശിവം ശാന്തം സുഖസ്വരൂപം എന്ന് പിന്നെ എന്താണ് ശാന്തം എന്ന് പറഞ്ഞ ഇവിടെ പറയുന്ന അനർത്ഥത്വം സർവാനർത്ഥങ്ങളും നിവർത്തിച്ചിടം അതാണ് ഒരനർത്ഥങ്ങളും നിലനിൽക്കാത്ത ഇടം എന്താണ് ആത്മസ്വരൂപം അതാണ് ഇനി ചർച്ച ചെയ്യുന്നത് വികൃതം അവിടെ എന്താണ് ഇവിടെ ചർച്ച ചെയ്തതെല്ലാം വികാരങ്ങളെ വികാരങ്ങൾ മനസ്സിന്റെ വികാരങ്ങൾ അതിനെ ആശ്രയിച്ചുള്ള മാനസികമായ അഭ്യാസങ്ങൾ ഉപാസനകൾ ഇതങ്ങനെയല്ല ഈ സ്വരൂപം എന്താണ് അത് വികാരഹിതമാണ് അവികൃതം അക്ഷരം അത് അക്ഷരമാണ് അക്ഷരം സംഭവിക്കാത്തതാണ് സത്യമാണ് അത് ഏകരൂപത്തിലിരിക്കുന്നതാണ് കാലത്രയത്തിലും ഏകരൂപത്തിലിരിക്കുന്നതാണ് അവസ്ഥ അത്രയത്തിലും ഏകരൂപത്തിലിരിക്കുന്നതാണ് जन्म ജന്മ മരണങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്നതാണ് അതാണ് സത്യം പരവിദ്യ ഗമ്യം അത് പരവിദ്യ ജ്ഞാനഗമ്യമാണ് ആ തത്വം ഉപാസനാഗമ്യമാണ് ഓ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പറഞ്ഞു ഇത് മുണ്ടകത്തിന്റെ വ്യാഖ്യാനമാണെന്ന് പറഞ്ഞു ഇവിടെ അത് അധപരാക്ഷരം അധികമ്യത മുണ്ടത്തി പറഞ്ഞാണ് അമൂർത്ത പുരുഷ അവിടെ തന്നെ പറഞ്ഞു സാറിനെ പരാവിദ്യ അപരാവിദ്യ എന്ന് നമ്മൾ രണ്ടായി സാറിന് തിരിക്കാറുണ്ട് വേദത്തിലങ്ങനെ രണ്ട് വിദ്യയെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പറയാധർമ്മ എല്ലാം പരാവിദ്യകളാണ് അവിടെ തന്നെ പറഞ്ഞു ഏയാ തദക്ഷരം അധിഗമ്യത എന്താണ് ഏതിലൂടെയാണോ ആ അക്ഷരത്തെ അറിയുന്നത് അതാണ് പരാവിദ്യ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം അപരാവിദ്യ എന്ന് പറഞ്ഞത് കൊണ്ട് ഏതിനേക്കാണ് ഒഴിവാക്കുന്നത് പരാവിദ്യ എന്ന് പറയുന്നത് കൊണ്ട് ഏതിനാണ് ഗ്രഹിക്കേണ്ടത് അതിവിടെയാണ് വ്യക്തമാക്കുന്നത് എങ്ങനെ വ്യക്തമാക്കുന്നു പരാവിദ്യ എന്നുള്ളത് കൊണ്ട് ഗ്രഹിക്കേണ്ടത് ജ്ഞാനത്തെ പരമാർത്ഥ ജ്ഞാനത്തെ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും ശ്രോതാവ് ഗ്രഹിക്കുന്നതായ ആ വിദ്യ ആ വിദ്യയാണ് മറിച്ച് വരുന്ന ഉപാസനകളാണ് അപരാവിദ്യ ഇപ്പൊ ഇറക്കേജ് സാമരൂപത്തിലുള്ള ഈ വേദങ്ങളെല്ലാം അപരാവിദ്യ എന്തുകൊണ്ട് പറഞ്ഞു ഈ വേദങ്ങളെല്ലാം മുഖ്യമായും പ്രതിപാദിക്കുന്ന ഉപാസനയാണ് അതുകൊണ്ടാണ് മുഖ്യമെന്ന് വെച്ചാൽ കൂടുതലായി ധാരാളമായി പ്രതിപാദിക്കുന്നത് കൂടുതൽ അക്ഷരങ്ങൾ ഈ അപരാവിദ്യയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്തെച്ചാൽ ഉപാസനങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ഇത് എന്താണ് ആറ് അധ്യായമുണ്ട് ഒരു തരത്തിലുള്ള മൂന്നദ്ധ്യായങ്ങളും തന്നെയാണ് ഇനിയും പറയും പിന്നെ പരാവിദ്യാലയങ്ങളിൽ തത്വജ്ഞാനം എന്ന് പറയുന്ന ലേശമേ അതുകൊണ്ടാണ് വേദം മുഴുവൻ അപരാവിദ്യ എന്ന് പറയുന്ന വെച്ചാൽ ഉപാസനയാണ് അതിൽ പിന്നെ കർമ്മത്തെ ഉൾപ്പെടുത്താം അത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അതിവിടെ വിശദമാക്കുന്നു എന്നാണ് പറയുന്നത് പരാവിദ്യ തത്വജ്ഞാനം യസാക്ഷരോക്ഷ ബ്രഹ്മ എന്നിങ്ങനെ വെളിപ്പെടുത്തുന്ന അപരോക്ഷമായ ജ്ഞാനം തത്വജ്ഞാനം അത് സത്യം അതുകൊണ്ട് പറയുന്നത് പരവിദ്യാഗമ്യം ആ പരവിദ്യാഗമ്യമാണ് തത്വജ്ഞാനത്തിലൂടെ ഗമ്യമാണ് ഏത് പുരുഷാഖ്യം സബാഹ്യാഭ്യന്തരം അജം വക്തവ്യം അതാണ് ഇനി പറയേണ്ടത് അജമായിരിക്കുന്ന പുരുഷ തത്വത്തെ അത് പരാവിദ്യ വെളിപ്പെടുന്നതാണ് പരാജ്ഞാനത്തിൽ തത്വജ്ഞാനത്തിൽ വെളിപ്പെടുന്നതെന്നാണ് അജനായിരിക്കുന്ന പുരുഷൻ അതിനിടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉത്തരം പ്രശ്നത്രയം ആരഭ്യത്തെ ഇനി വരുന്ന മൂന്ന് ചോദ്യങ്ങളും മുഖ്യമായി ഉദ്ദേശിക്കുന്നത് ആ പുരുഷനെ പുരുഷന്റെ ശരിയായ ജ്ഞാനം ശ്രോതാവിന് ലഭിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അടുത്ത ചോദ്യങ്ങളാണ് ഇവിടെ ീപ്താ ദിവസു മുണ്ടകത്തിൽ പറഞ്ഞ കാര്യം പറയണം അഗ്നിയിൽ നിന്ന് എങ്ങനെയാണോ അതിന്റെ തീപ്പൊരികൾ ഉണ്ടാകുന്നത് തത്ര ചെയ്യുവന്തി അവിടെ തന്നെ അത് അവസാനം വിലയം പ്രാപിക്കുന്നത് ദിരിയെ മുണ്ടകെ ദിരിയെ മുണ്ടകത്തിൽ പറഞ്ഞു ഭാവ അക്ഷരാജ്യന് എന്തൊക്കെയാണങ്ങനെ പ്രകടമാകുന്നത് കഥമായി ഭക്താസന്ധ തീ അതെല്ലാം വേറെ വേറെ ഈ തിപ്പരികൾ പ്രകടമായിട്ടും എങ്ങനെയത് അവിടെത്തന്നെ വിലയം പ്രാപിക്കുന്നു കിം ലക്ഷണം പാത്ര ദക്ഷിണ എന്താണ് ഈ ജീവഭാവങ്ങളെല്ലാം പ്രകടമാകുന്നതിന് കാരണമായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തുവിന്റെ സ്വരൂപം ഏതത് ഇത് പറയുന്നതിനുള്ള താല്പര്യത്തോടു കൂടി അതിനാ എന്താണോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ശ്രുതി അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് താൻ വെളിപ്പെടുത്തുന്ന തത്വത്തെ സ്വയം ഉള്ളിൽ കണ്ടുകൊണ്ട് ആ തത്വത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ എന്താ സമാധാനം ഉത്തരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദ്യത്തിന്റെ സമാധാനത്തെ അറിഞ്ഞുകൊണ്ട് ചോദ്യത്തെ ചോദിക്കുന്നു ഭാഷയത്തിന്റെ ശൈലി അതാണ് നമ്മൾ പറയും പൂർവ്വപക്ഷ സിദ്ധാന്തം ക്ഷി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോട് ഭാഷയകാരൻ എങ്ങനെ പറഞ്ഞു എന്നാണ് നമ്മൾ സാറിന് ധരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെയല്ല ഭാഷകാരൻ എന്താണോ പറയേണ്ടത് അതിനെ ശരിയായി ധരിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തെ വ്യക്തമായി ഉള്ളിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ട ചോദ്യത്തെ കൊണ്ടുവരിക ചെയ്യുന്നു അതുകൊണ്ട് ചോദ്യം കൃത്രിമമാണ് ഉത്തര സഹജമാണ് എന്തുകൊണ്ട് ആ സമാധാനം നേരത്തെ തന്റെ ഉള്ളിലുണ്ട് ആ തത്വത്തിന്റെ ലക്ഷണം എന്താണ് ആ തത്വത്തിന്റെ സ്വരൂപം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ തന്റെ ഉള്ളിലുണ്ട് അത് പറയണം അത് വെളിപ്പെടുത്തണമെന്ന് ശ്രോതാവിന്റെ ഉള്ളിലേക്ക് തന്റെ ആ ജ്ഞാനത്തെ കടത്തിപ്പെടണം അതിനുള്ള ഒരു ഉപായം എന്നുള്ളതിലേക്ക് കൃത്രിമമായി ചോദ്യത്തെ കൊണ്ടുവരികയാണ് മറിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത്തരം പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഒരു ആദ്യ ചോദ്യം രണ്ടാമത് സമാധാനമല്ല ആദ്യ സമാധാനം ആദ്യ ഉത്തരം രണ്ടാമത് ചോദ്യം അപ്പൊ ഉത്തരം വ്യക്തമായ ഉള്ളിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യത്തെ അവിടെ കൊണ്ടുവരുന്നത് ഉത്തരമറിയാത്ത ചോദ്യമാരെങ്ങനെ ചോദിക്കും അതിലാണ് അതാണ് ഏതത് വിവക്ഷയ അധുന പ്രശ്ന ഉദ്ഭാവയേരി പ്രശ്നങ്ങളെ സങ്കല്പിച്ചെടുക്കുകയാണ് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയാണ് സാറേ പറയലേ അവന് ചോദിക്കാനൊന്നുമില്ല എന്നാലും അവൻ ചോദ്യത്തെ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നതാണ് തം അഭിപ്രച്ഛേ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ സമീപത്ത് ചെന്നുകഴിഞ്ഞാൽ ഗുരുവിനോട് ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എന്തിനു സംബന്ധിച്ച് ഈ ആത്മതത്വത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് അതിന്റെ എല്ലാ സമാധാനങ്ങളും അവിടെ നേരത്തെ തന്നെ ഉണ്ട് അത് വെളിപ്പെടണമെങ്കിൽ ഈ ചോദ്യം ചെന്നാലേ പറ്റും അത് തന്നെ അടിപൊളിയും സംഭവിക്കുന്നു അതുകൊണ്ട് ആദ്യം സമാധാനം പിന്നീട് പൂർവ്വപക്ഷം ഭക്ഷ്യത്തിന് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് ഭാഷകാലം പറയുന്നത് എന്താണ് സത്യം ജ്ഞാനം അനന്ത ബ്രഹ്മനിത്യമാണ് തന്റെ പ്രസ്താവനയാണ് ഉടനെ അവിടെ ചോദ്യം അങ്ങനെ നിത്യമാകും വികാരങ്ങൾ സംഭവിക്കുന്നില്ല പിന്നെ ഇവിടെ എന്താണ് അനിത്യമായിരിക്കുന്നത് അപ്പൊ താൻ വെളിപ്പെടുത്തിയ തന്നെയാണ് ചോദ്യം അങ്ങനെയൊരു സമാധാനം ഇല്ലെങ്കിൽ ചോദ്യത്തിന് യാതൊരു പ്രസക്തി ചോദ്യം വരാനുള്ള നിമിത്തങ്ങളൊന്നുമുണ്ട് അതുകൊണ്ടിവിടെ ഉദ്ഭാവിയവിടെ കൊണ്ടുവരികയാണ് ആദ്യത്തെ ചോദ്യം എന്താണ് ഭഗവൻ ഏതെ സുഗന്തി ഒന്ന് കഥര ഏഷ ദേവ സ്വപ്നാൻ പശ്യതി മൂന്ന് കസ്യസുഖം നാല് അഞ്ച് ഒന്നായിട്ട് ഇവിടെ എടുത്തു എന്നുള്ള അതിന് ഭാഷകാരൻ ഓരോന്നിനായിട്ട് വിശദീകരിക്കും ഭഗവന്നേദുര പ്രാണ്യാധിമതി ഈ ശിരപ്പാണ്യാദികളോട് കൂടിയിരിക്കുന്ന ഈ പുരുഷൻ എന്ന് വെച്ചാൽ കാണുന്ന മനുഷ്യൻ എന്നിടത്തവിടെ ശിരപ്പാണ്യാധികളോട് കൂടിയിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയും മൃഗത്തെയും പക്ഷിയെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നു മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുകയാണ് കാനി കർണാനുസന്തി ഏതെല്ലാം കർണങ്ങളാണ് ഉറങ്ങുന്നത് സ്വഭം കുർബന്തി ഉപരമന്തി ഉപരമ ഉപരമന്തി കാണിച്ച അസ്മിൻ ജാഗ്രത ജാഗരണ ആ നിദ്രാവസ്ഥ സ്വവ്യാപാരം മുർവന്തി ആരാണോ ഉറങ്ങുന്നത് ഇനി സ്വ വ്യാപാരെ ഇനി ആരാണ് ഈ വ്യാപാരങ്ങളെല്ലാം പ്രവൃത്തികളെല്ലാം അവസാനിപ്പിക്കുന്നത് സുഷ്ടേക്ക് പോകുന്നത് കാണിച്ച അസ്മിൻ ജാഗ്രത ഈ ജാഗ്രതയിലേക്ക് അടുത്ത് ചോദിക്കാണ് സ്വപം കുർബന്ധി എന്ന് വെച്ചാൽ സ്വവ്യാപാരാ ദുപരമന്തി ആരാണ് ഉറങ്ങുന്നത് എല്ലാ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ആരാണ് ആരാണ് നിത്യമായ വിശ്രാന്തിയെ കൈക്കൊള്ളുന്നത് അത് കഴിഞ്ഞിട്ടടുത്ത് ചോദിക്കുന്ന കാലി ജാസ്വിൻ ജാഗ്രത ഈ കൊണ്ടുവന്നിരിക്കുമ്പോൾ ജാഗരണം ആ നിദ്രാവസ്ഥ സ്വവ്യാപാരം കുറവന്തിയുടെ അതാത് വ്യാപാരങ്ങൾ ചെയ്യുന്ന ആരാണ് പ്രവർത്തിക്കുന്ന ആരാണ് രണ്ടാമത്തത് അത് ഇവിടെ രണ്ട് തരത്തിലതിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ആ രണ്ടു തരത്തില് നമ്മൾ ചർച്ച ചെയ്യും ജാഗ്രസ്വപ്ന സുഷൃതികളെ കുറിച്ച് പിന്നെ മൂന്ന് ചോദിക്കുന്നു കതര കാരികനക്ഷണിയുരേഷ സ്വപ്നാൻ പശ്യതി ീ ഇതിൽ ഏത് ദേവനാണ് സ്വപ്നൊക്കെ കാണിക്കുക കാണുന്നത് ഈ ഏത് ദേവൻ എന്ന് പറയാനെന്താ കാരണം കാര്യകർണ ലക്ഷണയൂഹവും ഇവിടെ ഒരുപാട് ദേവന്മാരുണ്ട് നേരത്തെ പറഞ്ഞു ഈശ്വരസിൽ നിന്ന് സപ്ത അച്ഛിസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ പ്രവർത്തി അല്ലേ ചെയ്യുന്നു കണ്ണ് കാണുന്നു കേൾക്കാൻ പറ്റുന്നില്ല ചെവി കേൾക്കുന്നു കാണാൻ പറ്റുന്നില്ല അപ്പൊ ഓരോരുത്തരും സ്വതന്ത്രരായി പ്രത്യേകം പ്രവർത്തിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം അല്ല ഒരാളെല്ലാം പ്രവൃത്തിയും ചെയ്യുകയാണെങ്കിൽ കണ്ണ് തന്നെ കാണണം കണ്ണ് തന്നെ കേൾക്കണം അതെന്ന് സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ ദേവന്മാരില് ഇങ്ങനെ പല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ദേവന്മാരുടെ കൂട്ടത്തിൽ ആരാണ് സ്വപ്നത്തെ കണ്ണത് നേരത്തെ സ്വാപം എന്ന് പറഞ്ഞു ഇവിടെ സ്വപ്നം എന്ന് പറഞ്ഞു അപ്പൊ സ്വാപവും സ്വപ്നവും ചെറിയ വ്യത്യാസവും രണ്ടിടത്തും സ്വാപുണ്ട് രണ്ടിടത്തും പായുണ്ട് സ്വാപം സ്വപ്നം സ്വപ്നോ നാമശരീരെ ദർശനത്തിൽ അനുഭവങ്ങളിൽ നിന്നോ നിവർത്തിപ്പിച്ചവൻ പിൻവാങ്ങിയവൻ ജാഗ്രത അനുഭവങ്ങളിൽ നിന്നോ പിൻവാങ്ങിയിട്ട് ജാഗ്രത് വത്ത് ഈ ജാഗ്രതത്തിലേ തന്നതുപോലെ അന്തശരീരെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തനുഭവമാണോ ഉള്ളത് ആ ശരീരത്തിന്റെ ഉള്ളിലെന്ന് പറയാൻ കാരണം സുഷുതിയിലത് സംഭവിക്കുന്നുണ്ട് ജാഗ്രത്തിൽ ഉണർന്നിരിക്കുമ്പോഴല്ലോ സ്വപ്നം കാണുന്നു അത് ദിവാസ്വപ്നം ശരിയായ സ്വപ്നമാണ് മറിച്ച് ആ സ്വപ്നം അനുഭവപ്പെടുന്നത് സുഷുയിലായൊണ്ട് പറയുന്നു അത് അന്ധ ശരീരത്തിലാണോ നമ്മൾ രണ്ടിനും ചേർത്താ പറയുന്നു ഉണർന്ന് ഉറങ്ങി ഉറക്കമെന്ന് പറയുമ്പോൾ നമ്മുടെ എണ്ണേ ചേർത്ത സുഷുപ്തിയെയും സ്വപ്നത്തെയും കൂടെ ചേർത്താ പറയുന്നു അതുകൊണ്ട് അതിനെ കണക്കിലെടുത്തുകൂടെ പറയുന്നു അന്ത ശരീരത്തിൽ ഏതൊരു അനുഭവമുണ്ടോ അതാണ് സ്വപ്നം തത്ക്കും കാര്യലക്ഷണേന ദേവേന നിർവർത്തിതയ്ക്കും കരണലക്ഷണേന അതെന്താണ് കാര്യരൂപത്തിലുള്ള ഈ ദേവൻ ഈ ശരീരം അതാണ് സ്വപ്നത്തെ ഉണ്ടാകുന്നത് അതേ കരണലക്ഷണത്തിലുള്ള പ്രാണന്മാർ ഇന്ദ്രിയങ്ങളിതാണ് സ്വപ്നത്തെ ഉണ്ടാക്കുന്നത് ഇനി ഉപരിതേ ജാഗ്രസ്വപ്നം വ്യാപാര ഈ ജാഗ്രസ്വപ്നം വ്യാപാരങ്ങളെല്ലാം ഉപരമിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ പ്രസന്നം വളരെ പ്രസന്നമായി എന്നുവെച്ചാൽ വളരെ സുഖമായി സുഖമെന്ന് പറഞ്ഞ അതാണ് പ്രസന്നത സൃഷ്ടിയെ കുറിച്ച് പറയാൻ എല്ലാ ജീവന്മാരും ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേർന്നു ജാഗ്രത്തിൽ ഉണർന്നിരിക്കുമ്പോഴെല്ലാം ആഗ്രഹിക്കുന്നതാണ് ജാഗ്രത്തിൽ ഈ ഉണർ എത്ര വലിയ സുഖത്തെ ആഗ്രഹി അനുഭവിച്ചാലും ശരി ആ സുഖത്തെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ആ നിരായാസ ലക്ഷണം അവിടെ പറയുന്നു ആ സുഖത്തിന്റെ സ്വരൂപം എന്താണ് നിരായാസമാണ് ജാഗ്രസ്വപ്നങ്ങളാണ് ആയാസം ആയാസരഹിതമായിരിക്കുന്ന ആ സുഖം അത് ുമ്പിഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് മനസ്സിലാവും അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സുഖത്തെ കർത്തൃമായി ഉണ്ടാക്കുന്നു എന്നല്ല വലിയ ഒരു ഭാരം തലയിൽ ചുമന്ന് വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് അതിന്റേതായ ക്ലേശങ്ങൾ അനുഭവിച്ച് സഞ്ചരിക്കുന്ന ഒരാള് തന്റെ തലയിലിരിക്കുന്ന ആ വലിയ ഭാരത്തെ ഒരു ചുമട് താങ്ങിറങ്ങി ഇറക്കി വെച്ചാൽ ആ നിമിഷം അയാകെ കിട്ടുന്ന സുഖം അതാണ് നിരായാസലക്ഷണമായ സുഖം എന്ന് പറയുന്നത് പിന്നീട് സുഖത്തിലുള്ള പല വഴികളും കാണും പക്ഷേ ആ ഭാരത്തെ ഇറക്കി വയ്ക്കുമ്പോൾ അയാൾ അതുവരെ ഉണ്ടായിരുന്ന ആയാസങ്ങൾ അവസാനിച്ചു മാത്രമല്ല സുഖത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടി വിശേഷിച്ച് അയാൾ ഒരു പ്രവൃത്തിയൊട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ പിന്നീട് അയാൾ വേണമെങ്കിൽ അന്നപാനാദികളൊക്കെ കഴിച്ച് നല്ല സുഖത്തെ ഉണ്ടാക്കാൻ അതല്ല നിരായാസം എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തികളും അവിടെ അവസാനിച്ചു ഭാരം തലയിൽ നിന്നിറങ്ങി സുഖത്തിനുവേണ്ടി വിശേഷിച്ച് രണ്ടാമതൊന്നും ചെയ്യുന്നില്ല അതിറങ്ങിയപ്പത്തല്ലോ അപ്പൊ വളരെ ആശ്വാസമായി അതിനെ കുറിച്ച് വെള്ളം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പരമസുഖവും അപ്പം വെള്ളം കിട്ടുന്നതിന് മുമ്പ് തന്നെ വളരെ ആശ്വാസം അതാണ് നിരായാസ ആ നിരായാസമായ സുഖം നിരായാസലക്ഷണം അനാബാധം ബാധയില്ലാത്ത സുഖം മറ്റേതു സുഖത്തെ അനുഭവിച്ചതിനും ബാധ സംഭവിക്കാം പലതരത്തിലും എന്നാളിവിടെ ഈ ജാഗ്രതയിലും സ്വപ്നങ്ങളിലും ഈ ആയാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോ ഇതിൽ നിന്ന് സുഖം അനുഭവിച്ചിട്ട് വിവേകിയായ ഒരു മനുഷ്യൻ പറയും ഓയി സുഖം ഒന്ന് ഇവിടെ സുഖം അനുഭവിച്ചെങ്കിലും എല്ലാം നഷ്ട സ്വർഗം പോലെയെല്ലാം പോയി അന്നപാനാദി വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളെല്ലാം അങ്ങനെ തന്നെ അത് മൃഷ്ടന്നം വയറ് നിറയുന്നത് വരെ സുഖം വയറു നിറഞ്ഞു കഴിഞ്ഞാൽ പറയും ഓഹ് ഇനി ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇനി ഇതേ വസ്തുതിന് അതുവരെ എനിക്ക് അങ്ങേറ്റത്തെ ആനന്ദം തന്നുകൊണ്ടിരുന്ന ഈ വസ്തു തന്നെ ഇനി എനിക്കിത് ആനന്ദം ഈ സുഖം പരമാർത്ഥമല്ല വിവേകി ഇത് ക്ഷണികമാണ് എന്നറിഞ്ഞിട്ട് ആ വിവേകിയിൽ സുഖത്തെ സംബന്ധിച്ചുള്ള ബാധ സംഭവിക്കുന്നു സത്യമല്ലാന്ന് ബോധിക്കുന്നു സത്യമാണെങ്കിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞതിന് ശേഷവും ഭക്ഷണം കഴിച്ച് സുഖത്തിലിരിക്കുന്നു അത് പറ്റില്ല പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുഖം ദുഃഖമായി ദഹന കേടുവരും പരിണമിക്കും സുഖത്തിന്റെ സ്ഥാനത്ത് ദുഃഖം വരും അനാബാധം സുഹൃത്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും അവിടുത്തെ അസുഖം എന്ന് പറയുന്നു നിരായാസമാണോ അതുകൊണ്ട് തന്നെ അനാബാധമാണോ അത് അത് അസത്യമാണെന്ന് ആരും ബോധിക്കുന്നില്ല വ്യാഗ്രഹത്തിലേ സ്വപ്നത്തിലെയൊക്കെ സുഖം അസത്യമാണെന്ന് ബോധിച്ചതുപോലെ അത് അസത്യമാണെന്ന് ബോധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അപ്പോ അവിടെ ഞാൻ പരമമായ വിശ്രാന്തി പരമമായ പ്രസന്നത അനുഭവിച്ചു പറയും ജാഗ്രതയിലെ ഈ സ്വപ്നത്തിലേ സുഖങ്ങളെപ്പോലല്ല സുഖം അഹം അസ്വാസം ഞാൻ ഉറങ്ങി അത് കഴിഞ്ഞ് പറയുന്ന എന്താണ് ഇനിയും എനിക്ക് ആ പരമസുഖമായ പരമമായ സുഖം എനിക്ക് ഇനിയും എന്തുകൊണ്ട് അയാൾ അറിയുന്നു സത്യമാണ് അല്ലെങ്കിൽ പിന്നെ വീണ്ടും ആഗ്രഹിക്കും വീണ്ടും അത് എന്നെ ആഗ്രഹിക്കും ഈ ലൗകികമായ സുഖങ്ങളെ വീണ്ടും ആഗ്രഹിക്കത്തില്ലേ എന്ന് ചോദിക്കും ആഗ്രഹിക്കും പക്ഷെ അത് അസത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം അവിവേകം കൊണ്ട് ആഗ്രഹിക്കുന്നു ബോധ്യപ്പെട്ടു ഈ അന്നപാനാദികളിൽ നിന്ന് ലഭിക്കുന്ന സുഖം പരമാർത്ഥവൊന്നുമല്ല പക്ഷെ വീണ്ടും മനസ്സിൽ കാമം വരുന്നു വീണ്ടും ആഗ്രഹിക്കുന്നു ഇതങ്ങനെയല്ല ഇത് അസത്യമാണെന്ന് ബോധിച്ചില്ല നിരാബാധം അങ്ങനെ ബോധിക്കാൻ കഴിയുന്നില്ല എനിക്കങ്ങനെ സൃഷ്ടിയിലൊരു പരമമായ സുഖമുണ്ടായി അത് അസത്യമായിരുന്നു അങ്ങനെ ബോധിക്കാൻ കഴിയുന്നില്ല പിന്നെ അസത്യമാണോ അസത്യമാണോ എന്ന് ആരും ചിന്തിക്കാറില്ല വിവേകിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുന്നത് സത്യമാണോ അസത്യമാണോ ആ വിവേകിയിലെ വിവേകമുണ്ടാകും ആ വിവേകമെന്താണ് അത് നിരതിശയമായ നിരായസമായ സുഖമാണ് അവിടെ അവന്റെ വിവേകമാണിത് അബാധിതമാണ് അവന് ബാധ സംഭവിക്കുന്നില്ല അങ്ങനെ ഒരു സുഖം കസ്യ ഇതാർക്കായി സംഭവിക്കുന്നത് ഇതാർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ സ്ഥൂലമായ ചോദ്യമാണ് അവിടെയും ഈ സുഖത്തെ അനുഭവിക്കുന്ന ആരോ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് ചോദ്യം ചോദിക്കുന്നവന് അവന്റെ അജ്ഞതയിൽ നിന്നുകൊണ്ടേ ചോദിക്കാൻ പറ്റുമോ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്ന ജ്ഞാനിയുടെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ചോദ്യം കൂടെ ചോദിക്കാൻ പറ്റില്ല അവന്റെ അജ്ഞതയിൽ നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്നു ആർക്കാസുഖം അവിടെ സുഖം അനുഭവിക്കുന്ന ആരാണ് വേറെ ആരെങ്കിലും ഒരാളുണ്ടോ അങ്ങനെയാ ചോദിക്കുന്നു അത് ആർക്കും സംഭവിക്കുന്നു ശരിയായ ചോദ്യം എന്താണ് ആ അത് ആരിലാണ് സംഭവിക്കുന്നത് അങ്ങനെ ചോദിക്കും എവിടെ സംഭവിക്കുന്നു അത് നിന്നിൽ തന്നെയാണ് സംഭവിക്കുന്നത് അസുഖം എന്നിൽ എങ്ങനെയാണ് അസുഖം സംഭവിക്കുന്നു അത് നിന്റെ സ്വരൂപമാണ് അത് നിന്റെ പരമാർത്ഥസ്വരൂപമാണ് അവിടെ അവശേഷിച്ചത് അത് സുഖസ്വരൂപമാണ് അത് സുഖസ്വരൂപമായതുകൊണ്ടാണ് ജാഗ്രതത്തിൽ വന്നിട്ട് പറയുന്നത് ഞാനവിടെ നിരദിശയമായ നിരായാസമായ അസുഖത്തെ അനുഭവിച്ചു ഇതാരും പറയുന്ന കാര്യമാണ് എങ്ങനെ ഉണ്ടായിരുന്നു പരമസുഖം വയറൊക്കെ നല്ല ഉണ്ടെന്നറിഞ്ഞു മറ്റു മാനസികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാനിതാ സുഷ്ടിയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നു ആ പരമമായ സുഖത്തിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പത് നിരാപാധമായ സുഖമാണ് ാലേ ജാഗ്രസ്വപ്ന വ്യാപാരാതുപരത്തോ സർവേ സമയ ഏകീഭൂത സമ്പ്രതിഷ്ഠിത അങ്ങനെ ഉറങ്ങുമ്പോൾ അടുത്ത ചോദ്യം തസ്മിൻകാല ആ ഉറക്കത്തിൽ ജാഗ്രതസ്വപ്ന വ്യാപാര അവിടെ ജാഗ്രത് വ്യാപാരമില്ല സ്വപ്ന വ്യാപാരമില്ല എന്താ വ്യാപാരം എന്ന് പറഞ്ഞു ബിസിനസ് എന്നാണ് മനസ്സിന്റെ വൃത്തികൾ പ്രാണന്റെ വൃത്തികൾ ചിത്തവൃത്തികൾ പ്രാണവൃത്തികൾ യാതൊന്നും തന്നെ അവിടെ പ്രവർത്തിക്കുന്നില്ല അതാണ് ജാഗ്രസ്വപ്ന വ്യാപാരാതുപരതാഹ ജാഗ്രസ്വപ്ന വ്യാപാരങ്ങളിൽ നിന്നും ഉപരിതന്മാരായി എന്ന് പറയുന്നതാണ് ഒരു വ്യാപാരം അവിടെ പ്രവർത്തിക്കുന്നില്ല ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല അവിടെ എന്തെങ്കിലും ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ിക്കാനുള്ള അനുഭവം വ്യാപാരമാണ് ചിത്തവ്യാപാരമാണ് ചിത്തമേ ഉപരതമായപ്പോ ചിത്തത്തിൽ സർവവും ഉപരതമായപ്പോ പിന്നെ അവിടെന്ത് വ്യാപരിക്കാനാണ് എന്ന് പറയുന്നു ജാഗ്രത സ്വപ്നം വ്യാപാരാതുപരത്താഹ സന്ത ജാഗ്രസ്വപ്ന വ്യാപാരങ്ങളിൽ നിന്ന് ഉപരമിച്ചവരായി കസ്മിനോ സർവേ ഏതൊരുവനിലാണോ സർവരും അവിടെ പറയുന്നു ഇവിടെ ജ്ഞാൻ നീ എന്നുള്ള ഭേദത്തോടുകൂടിയിരിക്കുന്നു പുരുഷൻ സ്ത്രീ എന്നുള്ള ഭേദത്തോടുകൂടിയിരിക്കുന്നു വിദ്വാൻ അജ്ഞൻ എന്നുള്ള ഭേദത്തോടുകൂടിയിരിക്കുന്നു അവിടെ എന്ന് പറയുന്നു സർവേ എന്ന് വെച്ച സർവേ ജീവാ എല്ലാ ജീവന്മാരും ഏകീഭൂത സമ്പ്രതിഷ്ഠിത അവിടെ ഏകീഭൂതന്മാരായിരിക്കുന്നു സംവതി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് സർവ്വരും അവിടെ ഏകീഭവിച്ചിരിക്കുന്നതാണ് എന്നാണ് അതായത് ഏതൊരു സമയത്താണോ ഈ ജാഗ്രസ്വപ്നം വ്യാപാരങ്ങൾ ഉപരമിക്കുന്നത് ആ സ്ഥാനത്ത് ആ സുഷുപ്തിയിൽ നമ്മൾ ധരിക്കുന്ന എന്താണ് ഞാൻ എന്റെ ഈ ജീവഭാവം വിട്ട് ഞാൻ പരമാത്മാവിനോട് ഏകീഭവിച്ചിരിക്കുന്നു അത് വിശദീകരിച്ചിവിടെ പ്രാണബന്ധനം ഹി സൗമ്യമനഹീത അവിടെ പറഞ്ഞെന്താണ് ഈ ജീവൻ പരമാത്മാവിനോട് ഏകീഭവിച്ചിരിക്കുന്നു ഇവിടെ അങ്ങനെയല്ല പറയുന്നു നമ്മൾ ധരിക്കുന്ന പോലെയല്ല അവിടെ ഞാൻ പരമാത്മാവിനോട് ഏകീഭവിക്കാനൊരു ഞാനവിടെ ഇല്ല പിന്നെയോ അവിടെ ഏകീഭവനം സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത് സർവേ മറ്റൊന്നുമില്ല എന്നൊന്നും അന്യമായൊരു ജീവനില്ല ആ ജീവൻ അവിടെ പരമാർത്ഥവുമായുള്ള ഏകീഭാവം സംഭവിക്കുന്നില്ല അങ്ങനെ ഓരോരോ ജീവന്മാരും ഓരോ സുശക്തി വ്യവസ്ഥയിൽ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു അങ്ങനെയല്ല കാരണം എന്തുകൊണ്ട് ഇവിടെ പരമാർത്ഥതം ഏകമാണ് ആ ഏകതത്വത്തിൽ ഏകീഭവനം എന്ന് പറയുമ്പോൾ അവിടെ ഏകീഭവിക്കാത്തവരതായി ഒന്നും തന്നെ ശേഷിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എന്താണ് ഞാൻ ഉറങ്ങി നീ ഉണർന്നിരുന്നു അങ്ങനെ ഒന്നില്ല അത് പറഞ്ഞല്ലോ ഈ ജാഗ്രത സ്വപ്ന വ്യാപാരങ്ങളിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ സുഷക്തിയിലെന്താണ് സമ്യക് ഏകീഭൂതാ ആര് സർവേ സർവ്വജീവന്മാരും അത് മനസിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ജാഗ്രത് ബുദ്ധിയോടുകൂടി സുഷൃക്തിയെ പരിശോധിച്ചപ്പോൾ സ്വപ്നബുദ്ധിയോടുകൂടി ശുത്തിയെ പരിശോധിച്ചപ്പോൾ ജാഗ്രസ്വപ്ന ബുദ്ധികളെ വിട്ടിട്ട് സുഷൃത്തി എന്തായിരിക്കുമെന്ന് ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സിലാവുന്നതാണ് ആ ഒരു അവസ്ഥയിൽ ഏകീഭവനം സംഭവിച്ചിരിക്കുന്നത് താനെന്നുള്ള വ്യക്തിക്കല്ല നീ എന്ന് പറയുന്ന വ്യക്തിക്കല്ല പിന്നെ സർവത്തിനത് സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞ എന്താണ് അത് സമ്യക് ഏകീഭവനമാണ് ഒന്നിനെ അവശേഷിപ്പിക്കാത്ത ഏകീഭവനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്